പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ആത്മീയ നികളത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചു വന്നത് അതിനുശേഷം ബുധനാഴ്ച മിനിയാന്ന് നമ്മൾ ബൈബിൾ സ്റ്റഡി അത് കേട്ടപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്മയെക്കുറിച്ച് നികളത്തിൻ്റെ എതിരായ കാര്യങ്ങളെക്കുറിച്ച് സാഗ്ബേർ പറയുന്നതാണ് നമ്മൾ കേട്ടത് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതും ഒക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ നികളത്തെക്കുറിച്ച് തന്നെ ഇതേ വരെ നമ്മൾ പറയാത്ത ചില കാര്യങ്ങളൂടെ പറഞ്ഞാൽ ആ സബ്ജക്റ്റിനൊരു പൂർത്തീകരണം എന്ന് വിചാരിച്ച് നികളത്തെക്കുറിച്ച് തന്നെ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കുകയും അതിൽ നിന്ന് നമുക്ക് വേണ്ട പാഠങ്ങൾ എടുക്കുകയും ചെയ്യാം അങ്ങനെ ഇന്ന് നമുക്കാകാം എന്നാണ് കരുതുന്നത് പ്രിയപ്പെട്ടവർ നികളെന്ന് പറയുന്നത് അത് ഈ പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പ് അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ ആ നിലയിൽ ഇന്ന് കാണുന്ന നിലയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പോലെ ആ സൃഷ്ടിയുടെ കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പാണ് ഈ നികളം ഉത്ഭവിച്ചത് എന്ന് പറയുന്നു നോക്കുക ഈ ലോകമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് വെളിച്ചം ഒരു പുസ്തകമാണ് ബൈബിൾ മറ്റ് മനുഷ്യൻ ഉണ്ടായതിനു ശേഷമുള്ള പല കാര്യങ്ങളും പല പുസ്തകങ്ങളിലും ഉണ്ടാകും എന്നാൽ അതിനു മുമ്പ് കാര്യം നിഗളിച്ചിട്ട് പിശാജായി തീർന്ന ലൂസിഫർ പിശാജായി തീർന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ ബൈബിളാണ് വെളിപ്പെടുത്തുന്നത് നികളെന്ന് പറയുന്നത് ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ഒരു ദൂതനായ ലൂസിഫറിന് വന്ന ആ നിലയിലുള്ള ഒരു മാനസികാവസ്ഥയും തുടർന്ന് അവനെ ദൈവദൂതൻ എന്നുള്ള പദവിയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് അവൻ പിശാജായി തീരുകയും ഒക്കെ ചെയ്തത് നമ്മളെ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയുന്ന ഏക പുസ്തകം ബൈബിളാണ് നമ്മൾ ഒന്ന് തീമ്പത്തി മൂന്നിൻ്റെ ആറ് നോക്കുക അവിടെ നമ്മൾ കാണുന്നു നിഗളിച്ചിട്ട് പിശാജിന് വന്ന ന്യായവിധി എന്ന് നമ്മൾ കാണുന്നു അപ്പോൾ പിശാജാണ് നികളം കൊണ്ടുവന്നത് അവനിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട് പിശാജിൻ്റെ ആ നികളത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ രണ്ട് പുസ്തകങ്ങളിലാണ് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് അധ്യായങ്ങളിൽ എ ശൈയാവ് പതിനാലാമത്തെ അധ്യായം എസ്കേൽ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം എന്നീ രണ്ട് ഭാഗങ്ങളിലും രണ്ട് അധ്യായങ്ങളിലും ഇതാ ലൂസിഫറെ നികളിച്ചതിനെക്കുറിച്ചും അവൻ പിശാജായി തീർന്നതിനെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ആദ്യം യശയാവ പതിനാലാമത്തെ അധ്യായത്തില് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നോക്കാം യശയാവ് പതിനാലാമത്തെ അധ്യായം അവിടെ നമ്മൾ വായിച്ചു വരുമ്പോ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ നാലാമത്തെ വാക്യം പതിനാലിൻ്റെ നാല് നീ ബാബേൽ രാജാവിനെ ഈ പാട്ട് ചൊല്ലും എന്ന് പറഞ്ഞ് ബാബേൽ രാജാവിനെ പറഞ്ഞു തുടങ്ങുന്നത് ബാബേൽ രാജാവിനെ പറഞ്ഞു തുടങ്ങിയിട്ട് അവനെ ആ ബാബേൽ രാജാവ് നെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങൾ മാറുകയാണ് അവിടെ അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജാതികളെ വെ തള്ളി താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു ഞാൻ സ്വർഗ്ഗത്തിൽ കയറും എൻ്റെ സുഹാസനം നക്ഷത്രങ്ങൾക്കും ഇതേ വെക്കും എന്നൊക്കെയല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ അതുകൊണ്ട് നിന്നെ എന്തു ചെയ്തു നിന്നെ വെട്ടി താഴേക്കിട്ട് കളഞ്ഞു എന്നെല്ലാം അവിടെ നമ്മൾ വായിക്കുന്നത് ശരിയാവൻ്റെ പുസ്തകം പതിനാലാമദ്ധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മളൊന്ന് നോക്കിയാൽ നമുക്കിതിനെക്കുറിച്ചൊരു ചിത്രം കിട്ടും ഇവിടെ ഇതാ പതിനാലിൻ്റെ നാലിലെ ബാബേൽ രാജാവിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് ബാബേൽ രാജാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി ഈ ബാബേൽ രാജാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രശസ്തനായ ബാബേൽ രാജാവ് ആരാണ് അത് ഡെബുക്കനേസറാണ് ദാനിയലിൻ്റെ പുസ്തകം ഒന്നാമധ്യായം മുതൽ നാലാമധ്യായം വരെ ഡെബുക്കനേസർ രാജാവാണ് ആ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദാനിയലിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഈ നെബുക്കനേസർ രാജാവ് ഇസ്രായേലിനെ തോൽപ്പിച്ച് പലരെ പിടിച്ചുകൊണ്ട് വന്നു ആ കൂട്ടത്തില് ദാനിയൽ ഉൾപ്പെടെ ചന്ദ്രക്ക മേശക്ക വേദിനവോ ഇങ്ങനെ ദാനിയൽ ഉൾപ്പെടെ നാല് ബാലന്മാരെ കൊണ്ടുവരുന്നതൊക്കെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ ദാനിയൽ രണ്ടിൽ വായിക്കുന്നത് രാജാവ് നെബുക്കനേശ്വർ കണ്ട ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിൽ ഒരു ബിംബം നിൽക്കുന്നു അതിൻ്റെ തല പൊന്നുകൊണ്ട് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ താഴോട്ട് താഴോട്ട് വരുമ്പോൾ ആ അതിൻ്റെ മൂല്യം കുറഞ്ഞു വരുന്ന ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ആ സ്വപ്നം ദാനിയിലെ സ്വപ്നം ഇവര് അതിൻ്റെ പറഞ്ഞു കൊടുക്കുന്നു മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോ നബ്നേശ്വർ രാജാവ് എന്ത് ചെയ്തു താൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ സ്വർണം കൊണ്ടൊരു ബിംബത്തെ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കാത്തവരെയൊക്കെ തീലിട്ടുകളും യഹൂദാബാലന്മാരായ ചന്ദ്രക്കമേശക്കഭ്യന്തരകോ രാജാവിന്റെ കൽപ്പനയെ നിരസിച്ചു അവരെ തീച്ചുളയിൽ ഇട്ടു പക്ഷേ നാലാമനായിട്ട് ദൈവദൂതനൂടെ അവരോടൊപ്പം തീയിൽ നടക്കുന്നത് കണ്ട് നെബറ് ഭയപ്പെട്ട് അവരെ തീയിൽ നിന്ന് മോചിപ്പിക്കുന്നു ഇതൊക്കെയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് നാലാമത്തെ അധ്യായം ദാനിയലിൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ എശയ്യാവ് പതിനാലിൽ പറയുന്നതുമായിട്ട് ചില ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ നാലാമധ്യായത്തിൽ എന്താ കാണുന്നത് അവിടെ നെമക്കനേശ്വർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു തൻ്റെ സ്വപ്നത്തിൽ ആ ഒരു വൃക്ഷം വലിയൊരു വൃക്ഷമുണ്ട് അത് വലിയ വൃക്ഷമാണ് അതിൻ്റെ തണലിലെ മൃഗങ്ങൾ വന്ന് അയവെറുത്ത് അവരെ കഴിയുന്നു പക്ഷികൾ അതിൻ്റെ കൊമ്പിൽ വസിക്കുന്നു അപ്പോൾ ഒരു ദൈവദൂതൻ ആ വൃക്ഷത്തെ വെട്ടിയിടുന്നു വെട്ടിയിടുന്നു ഈ കാര്യമൊക്കെയാണ് രാജാവ് സ്വപ്നം കാണുന്നത് അപ്പോൾ ദാവി ദാനിയയിലെ ആ സ്വപ്നവും വ്യാഖ്യാനിക്കുന്നു എന്താ പറയുന്നത് താൻ പറയുന്നു ഈ വൃക്ഷം എന്ന് പറയുന്നത് നെബുക്കനേശ്വർ രാജാവാണ് നെബുക്കനേശ്വർ രാജാവിനെ വെട്ടിയിടും അവന് എന്ത് പറ്റും ഏഴു വർഷത്തോളം അവൻ്റെ പാർപ്പ് മൃഗങ്ങളോടുകൂടെ ആയിരിക്കും അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹം നനയും അവൻ്റെ സ്വബുദ്ധി നഷ്ടപ്പെട്ട് അവൻ ഏഴ് വർഷം കാളയെപ്പോലെ പുല്ല് തിന്നു നടക്കും അതിനുശേഷം അവന് സ്വർഗത്തേക്ക് കണ്ണുയർത്തുമ്പോൾ അവൻ വീണ്ടും സ്വബോധത്തിലേക്ക് തിരിച്ചു വരും ഇതെല്ലാം ദാനിയിൽ പറഞ്ഞുകൊടുത്തിട്ട് എന്ന് സംഭവിച്ചു ദാനേലിന്റെ പുസ്തകം നാലാമധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ നോക്കുക പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ദാനിയൽ ഈ സ്വപ്നത്തിൻ്റെ വിവരണങ്ങൾ നൽകി പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ബാബേലിലെ രാജമന്ദിരത്തിൽ നെമുക്കനേശ്വർ ഉലാവിക്കൊണ്ടിരുന്നു ഉലാവികൊണ്ടിരുന്നപ്പോൾ ഇത് ഞാൻ എൻ്റെ തഹ ധന മഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹനിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി നെബുക്കനേശ്വറെ നിന്റെ രാജ്യത്തും നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു നേരത്തെ ദാനിയയിൽ പറഞ്ഞ പോലെ തന്നെ നെമുക്കനേശ്വറ് മൃഗത്തോടുകൂടെ ആയി പുല്ലു തിന്നുന്ന കാളയെ പോലെയായി ഏഴ് വർഷം അവൻ അങ്ങനെ ആയിരുന്നു അതിനു അവൻ യഥാസ്ഥാനപ്പെട്ടു അവൻ അതിനുശേഷം എഴുതുന്ന ആ നാലാമത്തെ അദ്ധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ നോക്കുക മുക്കനേസറെ എഴുതുകയാണ് ഇപ്പോൾ നെമുക്കനേശ്വർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവൻ സുബോധത്തിലേക്ക് ഏഴ് വർഷത്തിന് ശേഷം സുബോധത്തിലേക്ക് വന്നിട്ട് എഴുതുക എന്നിട്ട് പറയുന്നു ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തുന്നു എന്നിട്ട് പറയുന്നു അവന് ദൈവം എന്തു ചെയ്യുന്നു നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുന്നവനാണ് ദൈവം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നാലിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യം അപ്പോ ഈ ഡെമുഗിനേസർ ബാബേൽ രാജാവിന് സംഭവിച്ച ആ കാര്യം ആ കാര്യമാണ് ഇവിടെ യശ്യാവ് പതിനാലിൽ പറഞ്ഞു തുടങ്ങുന്നത് എന്നിട്ട് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തെ നോക്കുക മറ്റു വൃക്ഷങ്ങൾ പറയുന്നു ഏഹ് നീയെ നിന്നെ വെട്ടിക്കളയുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നു നമ്മൾ ദാനിയൽ നാലിൽ കാണുന്ന ആ സ്വപ്നത്തിലും ആ വൃക്ഷത്തെ വെട്ടിക്കളയുന്നതാണല്ലോ കാണുന്നത് വെട്ടുകൊണ്ട് നിലത്ത് വീണു ഇതിനെല്ലാം കാരണമായിട്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നെബുക്കനേസറിന്റെ ചരിത്രം ഇതാ മറ്റൊന്നിനു വഴിമാറുന്നു അതെന്താ അരുണോദയ ശുക്ര മോർണിംഗ് സ്റ്റാർ അത് ലാറ്റിനിൽ ലൂസിഫർ എന്നാണ് പറയുന്നത് ഏർ പ്രകാശം വഹിക്കുന്നവൻ എന്നാണ് അർത്ഥം അവൻ എന്തു അവൻ ഈ നെബുക്കനേസർ നേരത്തെ നികളിച്ചത് ഞാൻ എൻ്റെ പ്രതാപ മഹത്വത്തിനായി പണിതല്ലയോ എന്നൊക്കെ പറഞ്ഞ് നിഗളിച്ചതുപോലെ ഇവിടെ ഇതാ അരുണോദയപുത്രനായ ശുക്രൻ അതായത് ദൈവത്തിൻ്റെ ഒരു പ്രധാന ദൂതനായി ലൂസിഫർ നിഗളിക്കുന്ന ചരിത്രത്തിലേക്ക് ഈ പന്ത്രണ്ട് മുതൽ ആ വാക്യങ്ങൾ അങ്ങനെ വന്ന് അവിടെ മുതൽ അങ്ങനെയാണ് വിവരിക്കുന്നത് അവൻ്റെ പ്രശ്നമെന്തായിരുന്നു ലൂസിഫറിൻ്റെ പ്രശ്നം എന്തായിരുന്നു ഞാൻ അവൻ നിഗളിച്ചു ഞാൻ സ്വർഗ്ഗത്തിൽ കയറും ഞാൻ നക്ഷത്രക്കൾക്കും ഇതേ സിംഹാസനം വെക്കും സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതിനോട് സമനാകും അഞ്ചുവട്ടം ഐ വിൽ ഐ വിൽ എന്ന് പറഞ്ഞ് അവൻ നിഗളിച്ചു നിഗളിച്ചപ്പോൾ എന്തുപറ്റി ദൈവം താഴേക്ക് തള്ളിക്കളഞ്ഞു അവന് ആ നിലയിൽ നിഗളിച്ച ആ പാപം അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു അവൻ ലൂസിഫറായി തീർന്നു ലൂസിഫർ എന്ന് പറയുന്ന അവൻ പിശാചായി തീർന്നു ആ ദൂതൻ പിശാജായി തീർന്നു ഈ ചരിത്രമാണ് യശയാവ് പതിനാലിൽ പറയുന്നത് അപ്പൊ നോക്കുക പതിനാലിൽ ആദ്യം നെബുഗ്നേശ്വറിന്റെ ചരിത്രം പറയുന്നു നെബുഗ്നേശ്വറിന്റെ ചരിത്രവും എന്താണ് നിഗളിച്ചിട്ട് വന്ന ആ ആ നികളിച്ചിട്ട് വന്ന പ്രശ്നം അക്ഷരാർത്ഥത്തിൽ നെബുഗ്നേശ്വർ രാജാവ് ഏഴു വർഷം കാളയെപ്പോലെ പുല്ല് തിന്നു ആ കാര്യമൊക്കെ ഒന്ന് സൂചന നെബുഗ്നേശ്വർ രാജാവിനെ കുറിച്ച് പതിനാലിന്റെ നാലിൽ ബാബൽ രാജാവിനെ കുറിച്ച് ഒരു പാട്ട് ചൊല്ലും എന്ന് പറഞ്ഞു പന്ത്രണ്ട് മുതല് ഇതാ ലൂസിഫർ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദൂതന് സംഭവിച്ച ന്യായവിധി നിഗളിച്ചിട്ട് അവന് വന്ന ആ ന്യായവിധിയെ അവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത് മനുഷ്യ സൃഷ്ടിക്കു മുമ്പ് സംഭവിച്ചതാണ് ഈ ലൂസിഫറ് പിശാജായി തീർന്നത് ഈ ചരിത്രമാണ് ശയ്യാവ് പതിനാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യ സൃഷ്ടിക്കു മുമ്പ് ദൈവദൂതനായിരുന്ന ലൂസിഫറ് പിശാജായി തീർന്ന കാര്യമാണ് നമ്മൾ ഏഷ്യാവ് പതിനാലിൽ നിന്ന് ചിന്തിച്ചത് അതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇതേ കാര്യത്തിൻ്റെ ഒരു നിഴല് പോലെ പിന്നീട് ബാബേൽ രാജാവായ നെബുക്കനേസറിനും സംഭവിച്ചു അവനും നിഗളിച്ചു നിഗളിച്ചതിൻ്റെ ഫലമായിട്ട് അവനെയും രാജ്യത്വത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു ഈ കാര്യമൊക്കെ ദാനിയയിൽ നാലാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതിനേക്കാൾ മുമ്പേ മനുഷ്യ സൃഷ്ടിക്കു മുമ്പേ ദൈവദൂതനായിരുന്ന ലൂസിഫറിന് അരുണോദയപുത്രനായ ശുക്രന് സംഭവിച്ചത് എന്ന് യശയ്യാവ് പതിനാലിൽ നമ്മൾ കണ്ടു അവിടെ നമ്മൾ കണ്ടത് നബ്നേശ്വര രാജാവ് താന് തൻ്റെ പ്രതാപമഹത്വത്തിനായി പണിത രാജധാനിയായ ബാബിലോണല്ലയോ ഇത് എന്ന് പറഞ്ഞ് അവനവൻ്റെ ധനത്തിൽ പൂഴിയത് അവന് നികളിച്ചതുപോലെ തന്നെ ഇവിടെ യശയ്യാവ് പതിനാലില് അവിടെ ലൂസിഫറെന്താണ് നിഗളിക്കുന്നത് ഞാൻ ഞാൻ ഞാൻ ഐ വിൽ ഐ വിൽ എന്ന് പറഞ്ഞ് ഞാന് ഉന്നതങ്ങളിൽ കയറും ദൈവത്തിൻ്റെ സിംഹാസനത്തേക്കാൾ എന്ന് പറഞ്ഞ് ദൈവത്തോട് മത്സരിച്ച് നിഗളിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഈ ലൂസിഫറ് നിഗളിച്ചത് നിഗളിക്കാൻ ഒരു കാര്യം കാണുമല്ലോ നെബുക്കനേസർ നിഗളിച്ചതിന് കാരണം അവൻ്റെ ധനമഹാത്മ്യമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ലൂസിഫർ നിഗളിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് എസ്കെയിൽ ഇരുപത്തെട്ടിൽ നിന്നാണ് നമ്മൾ കാണുന്നത് എസ്കെയിൽ ഇരുപത്തെട്ട് എസ്കെയിൽ ഇരുപത്തെട്ട് നോക്കുക എസ്കെയിൽ ഇരുപത്തെട്ടും ആദ്യം സോർപ്രഭു പ്രിൻസ് ഓഫ് ടയർ സോർപ്രഭുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരുപത്തെട്ടിൻ്റെ പന്ത്രണ്ടിൽ വരുമ്പോൾ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് അവ കണ്ടോ നേരത്തെ യശയ്യാവ് പതിനാലിലെ ബാബേൽ രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ആ ലൂസിഫറിനെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇതാ സോർ പ്രഭു സോർ രാജാവ് ഇവരും നികളികളായി ആ നിലയില് അവർ ദൈവത്താൽ തള്ളപ്പെട്ട ആ പശ്ചാത്തലം കാണും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാതെ ഈ സോർ പ്രഭുവിനെ കുറിച്ചും സോർ രാജാവിനെ കുറിച്ചും പറഞ്ഞിട്ട് അതിൻ്റെ പതിനൊന്ന് മുതൽ നേരേ പിന്നീട് ലൂസിഫറിന് സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് അവിടെ നമ്മൾ പറയുന്നു അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം എസ്കെയിൽ ഇരുപത്തെട്ടിൻ്റെ പന്ത്രണ്ട് നീ സോർ രാജാവിനെ ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരു ചെയ്യുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ എന്തായിരുന്നു നീ മാതൃകാ മുദ്രയാകുന്നു നീ ജ്ഞാനസമ്പൂർണനായിരുന്നു സൗന്ദര്യ സമ്പൂർണനായിരുന്നു ദൈവത്തിൻ്റെ തോട്ടമായ ഏതലായിരുന്നു സകല രക്തങ്ങൾ നിന്നെ മൂടിയിരുന്നു നീ പൊന്നുകൊണ്ടുള്ളതായിരുന്നു നിന്നെ തീർത്ഥനാളിൽ ഏ നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു നീ ചിറകുവിടർത്തി മറയ്ക്കുന്ന കെരൂപായിരുന്നു നീ വിശുദ്ധ ദേവനവർവതത്തിലായിരുന്നു അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു നോക്കുക ഇതൊക്കെ സോർപ്രഭുവിനോ സോർ രാജാവിനോ പ്രസക്തമാണോ അല്ല എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അവൻ എന്തായിരുന്നു അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു മാതൃകാ മുദ്രയായിരുന്നു സൗന്ദര്യ സമ്പൂർണനായിരുന്നു ഏതനിലായിരുന്നു അവന് സകലരത്നങ്ങളോ അവനെ മൂടിയിരുന്നു വിശുദ്ധ ദേവനപർവ്വതത്തിലായിരുന്നു അഗ്നിമയ രഥങ്ങളുടെ സഞ്ചരിച്ചു പോന്നു ഇതൊന്നും സോർപ്രഭുവിനോ സോർ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളല്ല എസ് കെയിൽ ഇരുപത്തെട്ടിൻ്റെ പതിനൊന്ന് മുതൽ താഴോട്ട് വായിച്ചു നോക്കുക അവിടെ പറയുന്ന മാതൃകാ മുദ്ര അല്ലെങ്കിൽ ജ്ഞാനസമ്പൂർണൻ സൗന്ദര്യസമ്പൂർണൻ ഇതൊക്കെ ലൂസിഫർ എന്ന് പറയുന്ന ദൈവദൂതനായിരുന്നു ദൈവദൂതനെ സംബന്ധിച്ചാണ് ശരി അവൻ എന്തായിത്തീർന്നു അവൻ വലിയ ആ നിലയിൽ അവന് ജ്ഞാനസമ്പൂർണനായിരുന്നു സൗന്ദര്യസമ്പൂർണനായിരുന്നു അവന് മാതൃകാ മുദ്രയായിരുന്നു ഇങ്ങനെയെല്ലാം ദൈവം ഈ ലൂസിഫർ എന്ന് പറയുന്ന ദൂതനെ അങ്ങനെ സൃഷ്ടിച്ചതുകൊണ്ട് അവൻ എന്തായിത്തീർന്നു അവൻ നിഗളിച്ചു അവൻ നിഗളിച്ചു ഞാൻ ദൈവത്തിൻ്റെ സുഹാസനത്തിന് മുകളിൽ കയറും എന്നൊക്കെ പറഞ്ഞത് ഏശയാവു പതിനാലിൽ നമ്മൾ കണ്ടു പക്ഷെ അങ്ങനെ നിഗളിക്കാനുള്ള കാരണങ്ങളിലേക്ക് വിളിച്ചം ഈ എസ്കെയിൽ ഇരുപത്തെട്ടിലാണ് എന്തുകൊണ്ട് അവൻ്റെ ഹൃദയം നിഗളിച്ചു പോയത് ഇരുപത്തെട്ടിൻ്റെ രണ്ടാമത്തെ വാക്യം നോക്കുക അവൻ്റെ ഹൃദയം നികളിച്ചു പോയി കാരണം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ ജ്ഞാനിയാണ് ദാനിയലിനേക്കാൾ ജ്ഞാനിയാണ് അഞ്ചാമത്തെ വാക്യം നോക്കുക അവനുള്ള ധനം നിമിത്തം അവൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നു അതിൻ്റെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ പതിനാറാമത്തെ വ്യാ വാക്യത്തിൽ നിൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിൻ്റെ അന്തരംഗത്തിൽ ആ നികളം നീ പാപം ചെയ്തു പതിനേഴാമത്തെ വാക്യം നിൻ്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു ഗർവിച്ചു കണ്ടോ അപ്പോൾ ഇവന് ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തേക്കാൾ മുകളിൽ കയറും എന്നെല്ലാം പറയാൻ കാര്യമെന്താ അവൻ അവനിൽ തന്നെ നോക്കിയപ്പോൾ അവൻ സുന്ദരനാണ് ജ്ഞാനസമ്പൂർണനാണ് അവൻ ധനമഹാത്മ്യമുള്ളവനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവനെ നിഗളിയാക്കി തീർത്തു ഇതിൻ്റെ ഇതിനാൽ ദൈവം എന്തു ചെയ്തു ദൈവം അവനെ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു അവൻ വെട്ടയറ്റ നിലത്ത് വീണു അവൻ എന്തായിത്തീർന്നു അവൻ പിശാജായി തീർന്നു ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ആ ലൂസിഫറെന്ന് പറയുന്ന ജ്ഞാനസമ്പൂർണനായ മാതൃകാമുദ്രയായ ഓ വളരെ ഹൃദയത്തിലെ സൗന്ദര്യം നിമിത്തം ആ നിലയിൽ അവനെ നികളിച്ചു പോയ ഈ ദൂതൻ അങ്ങനെ അതിൻ്റെ എല്ലാം നികളത്തിന്റെ ഫലമായിട്ട് അവന് പിശാജായി തീർന്നത് വിശദമായിട്ട് ഇരുപത്തിയെട്ടാമത്തെ അധ്യായം എസ്കെൽ ഇരുപത്തെട്ടിന്റെ പതിനൊന്ന് മുതൽ വിവരിക്കുന്നു കണ്ടോ പ്രിയപ്പെട്ടവരെയും നമ്മൾ പറഞ്ഞു വന്നത് ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ ദൂതനാണ് പിശാജായി തീർന്നത് അവൻ അങ്ങനെ വീണപ്പം ദൈവത്തിനെതിരെ നിഗളിച്ച് മത്സരിച്ച് അവൻ പിശാജായി തീർന്നപ്പോൾ ദൈവദൂതന്മാരിൽ ഒരു സംഘത്തെ കൂടെ അവൻ്റെ കൂടെ വശീകരിച്ചു കൊണ്ടുപോയി അവരാണ് അവൻ്റെ കൂടുള്ള പിശാചുക്കളായി തീർന്നത് ഇങ്ങനെയാണ് പിശാചുക്കൾ രൂപപ്പെട്ടത് അപ്പം പിശാചി രൂപപ്പെട്ടതിന് കാരണം എന്താ കാരണം പാപമാണ് പാപമെന്ന് പറഞ്ഞാൽ ഏതായിരുന്നു നിഗളമാണ് ദൈവത്തിനെതിരെയുള്ള മത്സരമാണ് ഇങ്ങനെയാണ് ലൂസിഫറ് പിശാചായി തീർന്നത് അതിൻ്റെ ഫലമായിട്ട് അവൻ വെട്ടയറ്റ് നിലത്ത് വീണു അവന് ആ ദൈവത്തിൻ്റെതായ ആ വലിയ സ്വർഗോന്നതങ്ങളിൽ ഒക്കെ കഴിയുന്ന ദൈവവുമായിട്ട് സംസർഗം ചെയ്ത് കഴിയുന്ന ആ കാര്യത്തിൽ നിന്നൊക്കെ അവനെ വീണു പോകുന്നതാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ അവൻ എന്തായിരുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ അവൻ പ്രകാശം വഹിക്കുന്നവനെന്നായിരുന്നു ലൈറ്റ് ബേറർ എന്നായിരുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം അവന് അവന് ജ്ഞാനമുണ്ടായിരുന്നു ദാനിയലിനേക്കാൾ ജ്ഞാനിയായിരുന്നു അവൻ സുന്ദരനായിരുന്നു നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന ധനം നമുക്ക് തന്ന സൗന്ദര്യം നമുക്ക് തന്ന അറിവ് നമുക്ക് തന്ന ചില പൊസിഷൻ ഉണ്ടാകും ചില സ്ഥാനങ്ങളുണ്ടാകും ഇതൊക്കെ നമ്മളെ നിഗളിയാക്കി തീർക്കാം നിഗിളിയായി തീർന്നാൽ നമ്മൾ എന്തായി തീർന്നു പാപത്തിലേക്ക് വീണുപോയി ദൈവത്തിന് സഹിക്കാനൊക്കെയല്ല തൻ്റെ ഏറ്റവും പ്രിയ ദൂതനായ ലൂസിഫറിനെ പോലും ദൈവം അവൻ നികളിച്ചപ്പോൾ തള്ളിക്കളഞ്ഞെങ്കിൽ നമുക്കും അത് തന്നെ വരാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് പാഠമായിട്ട് എടുക്കേണ്ടത് നോക്കുക ഇവിടെ ഈ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ അവിടെ പറയുമ്പോൾ അവൻ്റെ നികളെ ഇവിടെ ആയിരുന്നു രണ്ടാമത്തെ വാക്യം അവൻ്റെ ഹൃദയം നികളിച്ചു പോയി ഇരുപത്തെട്ടിൻ്റെ രണ്ട് ഹൃദയം നികളിച്ചു പോയി പതിനേഴാം വാക്യം സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം നികളിച്ചു ഏഹ് അതിൻ്റെ പതിനാറാം വാക്യം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു ഇവന്റെ നികളമൊന്നും ഇവൻ പരസ്യമായിട്ട് പറഞ്ഞില്ല മറിച്ച് എന്തായിരുന്നു അന്തരംഗത്തിലായിരുന്നു ഹൃദയത്തിലായിരുന്നു ഹൃദയത്തിലെ ചിന്തകളിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം കണ്ടോ അപ്പോ പക്ഷെ എല്ലാം കാണുന്ന ദൈവത്തിന് ഈ ദൂതന്റെ ഹൃദയത്തിലെ നികളം മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിന് തന്നെ ന്യായവിധിയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് വാക്കുകളിലൂടെ വരും വാക്കുകൾ പിന്നെ പ്രവൃത്തിയായിത്തീരും നമ്മൾ നികളത്തിൻ്റെതായ പ്രവൃത്തി ചെയ്യുന്നവരെ മാത്രമാണ് നിഗളികളെന്ന് പലപ്പോഴും പറയാറുള്ളത് എന്നാൽ ദൈവം നോക്കുക ആ പ്രവൃത്തിക്ക് പുറകിലുള്ള സംസാരം അതിനും പുറകിലുള്ള ഹൃദയം നിഗളിച്ചു ഹൃദയം ഗർഭിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ലൂസിഫറിനെ അവനെ തള്ളിക്കളഞ്ഞു എന്ന് കാണുമ്പോൾ നികള നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്ന ചില കാര്യങ്ങൾ നികളൊന്നാമത് ഉണ്ടാകുന്നത് ഹൃദയത്തിലാണ് അപ്പോൾ അവിടെ തന്നെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം ദൈവത്തിന് ഹൃദയങ്ങളെ കാണാനായിട്ട് കഴിയും അന്തരംഗത്തിലുള്ള നമ്മുടെ നികളം അതിനെതിരെ ജാഗ്രതയുള്ളവരായിട്ട് നമ്മളായിരിക്കണം ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ദൈവം നമുക്ക് തന്ന ജ്ഞാനം സൗന്ദര്യം ആ സ്ഥാനമാനങ്ങൾ ഇതൊക്കെയാണ് ആളുകളെ നികളിയാക്കുന്നത് ലൂസിഫറിനെ അതാണ് നികളിയാക്കിയത് അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാനാണ് യശയാവ് പതിനാലിലും എസ്കെയിൽ ഇരുപത്തെട്ടിലും ഈ കാര്യങ്ങൾ ഇതാണ് നെബുക്കനേശ്വർ രാജാവിനോട് ചേർത്തും സോർ രാജാവിനോട് ചേർത്തും പറഞ്ഞു തുടങ്ങിയിട്ട് ചരിത്രമായിട്ട് വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് പ്രിയമുള്ളവര് നമ്മൾ നിഗളത്തെക്കുറിച്ച് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ഏഷ്യാവിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ലൂസിഫറ് നിഗളിയായി തീർന്നപ്പം അഞ്ചുവട്ടം അവൻ പറയുന്നുണ്ട് ഐ വിൽ എന്ന് പറയുന്നുണ്ട് നോക്കുക പന്ത്രണ്ടാമത്തെ വാക്യം പതിനാലിൻ്റെ പന്ത്രണ്ട് ഞാൻ സ്വർഗത്തിൽ കയറും ഇംഗ്ലീഷിൽ ഐ വിൽ എന്നാണ് എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും മീതെ വയ്ക്കും ഐ വിൽ എന്നാണ് കാണുന്നത് അതുപോലെ ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഇരുനരുളും ഐ വിൽ ഞാൻ മേഘോന്നതങ്ങൾക്കും മീതേ കയറും പതിനാലാമത്തെ വാക്യം ഐ വിൽ ഞാൻ അത്യുന്നതിനോട് സമനാകും ഐ വിൽ അഞ്ചുവട്ടമാണ് ഐ വിൽ ഐ വിൽ എന്നവന് അവിടെ പറയുന്നത് പറയുമ്പോൾ ഈ പറഞ്ഞതായിട്ട് നമ്മളവിടെ കൊട്ടേഷനിലിട്ട് ശയ്യാവ് പതിനാലിൽ നമ്മളെ വായിക്കുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പതിമൂന്നോ പതിനാലോ വാക്യങ്ങളിൽ നമ്മളത് അവൻ പറഞ്ഞതായിട്ട് കൊട്ടേഷനിൽ ഇട്ട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് അവൻ വാക്കുകൊണ്ട് പറഞ്ഞില്ല അവൻ ഹൃദയത്തിലാണ് പറഞ്ഞത് പതിനാലാമത്തെ വാക്യം എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ കയറും നക്ഷത്രങ്ങൾക്ക് മീതെ സുഭാസനം വയ്ക്കും മീതെ നരുളും മീതെ കയറും സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് നമ്മൾ എസ്കെലിൻ്റെ പുസ്തകത്തിലും ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിലും പല വാക്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു അവനത് ഹൃദയത്തിലാണ് പറഞ്ഞത് ഹൃദയത്തിൽ പറഞ്ഞു ഹൃദയമാണ് നിഗളിച്ചത് അപ്പോൾ കണ്ടോ ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവം അവിടെ നിന്ന് ചെയ്തു ഇവൻ്റെ ഈ നികളം കണ്ടപ്പോൾ അത് ദൈവത്തിന് അത് പാപമാണ് ദൈവത്തിന് അത് സഹിക്കാനൊക്കെ ഇല്ല അവിടെ നിന്ന് എന്ത് ചെയ്തു അവിടുന്ന് അവനെ തള്ളിക്കളഞ്ഞു ഇതേ കാര്യം മനുഷ്യ സൃഷ്ടിക്ക് ശേഷം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താ അവിടെ ആ പ്രളയമൊക്കെ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഉൽപ്പത്തി ആറില് നമ്മൾ വായിക്കുന്നത് അവിടെ ആറിന്റെ അഞ്ചാമത്തെ വാക്യം നോക്കുക മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു ആ അൻപത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തില് ദാവീദിന്റെ ആ പശ്ചാത്താപ സങ്കീർത്തനത്തിന്റെ ആറാം അമ്പത്തൊന്നിന്റെ ആറാമത്തെ വാക്യത്തിൽ അന്തർഭാഗത്തെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് ഒന്ന് ശമുവൽ പതിനാറിന്റെ ഏഴില് ദൈവം തന്നെ ഷമുവലിനോട് പറയുന്നു മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു എഹോവയോ ഹൃദയത്തെ നോക്കുന്നു നമ്മൾ പറഞ്ഞു വന്നത് ഏഹ് ഉൽപ്പത്തി പുസ്തകം ആറിൻ്റെ അഞ്ചിൽ ഹൃദയവിചാരങ്ങൾ മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം കണ്ടപ്പോൾ അവരെ പ്രളയം കൊണ്ട് നശിപ്പിക്കുന്നു ഏഹ് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത് ഒന്ന് ശമുകൾ പതിനാറ് ഏഴിൽ നമ്മൾ ദൈവം തന്നെ പറയുന്നു മനുഷ്യൻ കണ്ണിന് കാണുന്ന നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഹൃദയത്തിലുള്ള ആ നിലയിലുള്ള നികളമാണ് അതിൻ്റെ തുടക്കം അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ ഞാൻ മോശമല്ല ഞാൻ എനിക്ക് സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ ജ്ഞാനമുണ്ട് എനിക്ക് പദവിയുണ്ട് എന്നുള്ള ചിന്തയായിട്ടാണ് നികളം മനസ്സിൽ വരുന്നത് അവിടെ തന്നെ അതിനെ കൈകാര്യം ചെയ്യണം കാരണം ദൈവം ഹൃദയത്തെ നോക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടതായ പാഠം പ്രിയപ്പെട്ടവരെ നമ്മൾ യേശയാവ് പതിനാലിൻ്റെ പന്ത്രണ്ട് പതിമൂന്നോ പതിനാലോ വാക്യങ്ങളിൽ അഞ്ചുവട്ടം അവന് ഐ വിൽ ഐ വിൽ ഐ വില് എന്ന് പറഞ്ഞത് നമ്മൾ വായിച്ചല്ലോ അങ്ങനെയുണ്ടെങ്കിൽ ഈ നികളമാണ് പാപം ഈ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് യേശു വന്നപ്പോൾ അവിടുന്ന് ഫിലിപ്പിലേഖന രണ്ടാമധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഏഴ് മുതലുള്ള രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അഞ്ച് യേശു തന്നെ താഴ്ത്തി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഫിലിപ്പ് രണ്ടിൻ്റെ ഏഴ് മുതൽ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാധ രണ്ട് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളമായി തീർന്നു അതിനും താഴെ ക്രൂശിലെ മരണത്തോളം നോക്കുക ലൂസിഫറ് അഞ്ചുവട്ടം ഞാൻ ഞാൻ ഞാൻ ഐ വിൽ ഐ വിൽ ഐ വില് എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിയപ്പോൾ യേശു ഈ നികളത്തിന് അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്താൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്തു ചെയ്തു അവിടുന്ന് താനായിരുന്ന സ്ഥാനത്തു നിന്ന് അഞ്ചുവട്ടം താണിറങ്ങി വരുന്നതാണ് നമ്മൾ വായിക്കുന്നത് അതുപോലെ തന്നെ ഈ പിശാജ് ആയ ലൂസിഫറ് ഐ വിൽ എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ആസ് ഐ വിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇംഗ്ലീഷിലാണത് മനസ്സിലാകുക നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തിരണ്ടൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും അവിടെ എന്താ നമ്മൾ കാണുന്നത് അവിടെ ഗസമനത്തോട്ടത്തിലെ കർത്താവിൻ്റെ നിലവിളിയ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം എന്നിട്ട് കർത്താവ് എന്തോ പറയുന്നു കർത്താവ് പറയുന്നു നോട്ട് ആ സൈവിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെയല്ല ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല ഇംഗ്ലീഷിൽ ഇത് രസമുള്ള ഒരു കാര്യമാണ് അതായത് എഷയാവ് പതിനാല് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ അഞ്ച് ലൂസിഫർ ഐ വില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതാഗസമൻ തോട്ടത്തിൽ കർത്താവ് പറയുന്നു നോട്ട് ആ സൈവിൽ ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല അപ്പം കണ്ടോ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പം അഞ്ചുവട്ടം തന്നെത്താൻ താഴ്ത്തി ലൂസിഫർ അഞ്ചുവട്ടം തന്നെത്താൻ ഉയർത്തി എന്ന് പറഞ്ഞതിന് പകരമായിട്ട് ഫിലിപ്പിയർ രണ്ടിൻ്റെ ഏഴ് ഒമ്പത് വാക്യങ്ങളിൽ അഞ്ചുവട്ടം തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ താഴ്ത്തി അതുപോലെ പിശാജ് ആയി തീർന്ന ലൂസിഫറ് ഐ വിൽ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഗസമിൻ്റെ തോട്ടത്തിൽ ഞാൻ അങ്ങനെ എൻ്റെ ഇച്ഛ പോലെ വേണ്ട നോട്ട് ആസ് ഐ വിൽ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവർ എങ്ങനെയാണ് കർത്താവ് രക്ഷ കൊണ്ടുവന്നത് രക്ഷ പാപത്തിനെതിരെയുള്ള രക്ഷ കർത്താവ് കൊണ്ടുവന്നത് എങ്ങനെയാണ് നിഗളത്തിന് രീതിയിലാണ് കർത്താവ് ആ രക്ഷ കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം നമ്മൾ നിഗളത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് എല്ലാ തിന്മയുടെയും എല്ലാ പാപത്തിൻ്റെയും തായ്വേര് അതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് തായ്വേരെന്നു പറയുന്നത് നിഗളമാണ് നിഗളമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെതിരെ ഗൗരവമുള്ള ഒരു നിലപാടെടുക്കണം ഈ കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷെയ്യാവ് പതിനാലിൽ നിന്നും എസ്കെയിൽ ഇരുപത്തെട്ടിൽ നിന്നും ഫിലിപ്പിയർ രണ്ടിൽ നിന്നും അതിനെ കൊണ്ടുവന്ന കർത്താവ് കൊണ്ടുവന്ന രക്ഷണ്യ മാർഗ്ഗത്തെക്കുറിച്ചും പറഞ്ഞത് ഇതേ കാര്യം തന്നെ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് നികളം കൊണ്ടുവന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അത് ലൂസിഫർ വഴിയാണ് വന്നത് എന്നാൽ മനുഷ്യരാശിയിൽ നികളം വന്നത് മനുഷ്യരാശിയിലേക്ക് നികളം വന്നത് നമ്മൾ ഏതൻ തോട്ടത്തിൽ ഇതാ കൽപ്പന ലംഘിച്ച് ആദമുഹയും അവർ ആ നിലയിൽ കൽപ്പന ലംഘിച്ചപ്പോഴാണ് മനുഷ്യവംശത്തിലേക്ക് നികളം വന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആദമാണ് പാപം ചെയ്ത് പാപിയായ ഏക മനുഷ്യൻ ബാക്കി മനുഷ്യരൊക്കെ എന്താ പാപികളായതുകൊണ്ട് പാപം ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം ആദം മാത്രമാണ് പാപം ചെയ്ത് പാപം ചെയ്ത് പാപിയായത് അവനൊരു കല്പന ഉണ്ടായിരുന്നു അത് ആ നന്മ ആ നിലയിലുള്ള ആ വൃക്ഷഫലം എന്തു ചെയ്യരുത് അത് പറിക്കരുതെന്നും തിന്നരുതെന്നും ഉണ്ടായിരുന്നു അവനത് ലംഘിച്ചു ലംഘിച്ചു പാപം ചെയ്ത് അവൻ പാപിയായിത്തീർന്നു നമ്മളൊക്കെയോ ബാക്കി മുഴുവൻ മനുഷ്യരോ ബാക്കി മുഴുവൻ മുഴുവൻ ആദമു ഹവയും ഒഴിച്ചും ബാക്കി മുഴുവൻ മനുഷ്യരും എങ്ങനെയാണ് പാപികളായതുകൊണ്ടാണ് നമ്മൾ ജനനത്തിൽ തന്നെ പാപ നമ്മുടെ ഉള്ളിൽ ഉള്ളത് നമ്മൾ പാപം ചെയ്യുന്നത് നോക്കുക മനുഷ്യ ഈ പാപം കൊണ്ടുവന്നത് ആദമു ഹൗവയുടെയും കൽപ്പനാലംഘനമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഈ കാര്യം കാണാൻ കഴിയും അവിടെ നമ്മൾ വിചാരിക്കും കൽപ്പന ലംഘിച്ചതാണ് എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ സത്യത്തിൽ അതെന്താണ് അവിടെയും നിഗളമാണ് നീ ദൈവത്തെ പോലെ ആകും അതിന്റെ മൂന്നിന്റെ അഞ്ച് ഉൽപ്പത്തി മൂന്നിന്റെ അഞ്ച് പാമ്പ് സ്ത്രീയോട് നീ മരിക്കയില്ലെന്ന് തന്നെയല്ല നന്മ അറിയുന്നവരായിട്ട് നീ എന്തായി തരും ദൈവത്തെ പോലെ ആകും ദൈവത്തെ പോലെ ആകും അപ്പൊ അവരായിരുന്ന സ്ഥാനത്ത് നിന്ന് ലൂസിഫറ് ദൈവത്തിന്റെ മുകളിൽ തന്നെ സുഹാസനം വെക്കാൻ ശ്രമിച്ചതുപോലെ ഇതാ തങ്ങളെ ആക്കിയിരിക്കുന്ന വൃത്തത്തിന് പുറത്ത് ദൈവത്തെ പോലെ ആകാനുള്ള ആ നികളത്തിൻ്റെ ആത്മാവാണ് മനുഷ്യകുലത്തിലും പാപം കൊണ്ടുവന്നത് എന്ന ഉൽപ്പത്തി മൂന്നിന്റെ അഞ്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് പ്രപഞ്ചത്തിൽ പാപം വന്നത് നികളത്തിലൂടെയാണ് മനുഷ്യവംശത്തിൽ പാപം വന്നത് നികളത്തിലൂടെയാണ് അങ്ങനെയുണ്ടെങ്കിൽ നികളത്തിനെതിരെ നമ്മൾ എത്ര ഗൗരവമുള്ളവരായിരിക്കണം നിഗളം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ് ഇതിന് പ്രതിവിധിയായിട്ട് കർത്താവ് നിഗളമായ പാപത്തിന് പ്രതിവിധിയായിട്ട് താന് തന്നെ തന്നെ താഴ്ത്തി താന് ഇഷ്ടത്തെ നിഷേധിക്കും നമ്മളും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ തന്നെ താഴ്ത്തുകയും സ്വന്തം ഇഷ്ടത്തെ തള്ളി ദൈവേഷ്ടം മുറുകെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ കർത്താവ് പോയ പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയും അതിനു പകരം നികളിച്ചാൽ സംഭവിക്കും ലൂസിഫറും ആദമുഹവയും പോയ ആ നികളത്തിൻ്റെ പാതയിലൂടെയാണ് പാപത്തിൻ്റെ പാതയിലൂടെയായിരിക്കും നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഈ കാര്യത്തെ നമുക്ക് ഗൗരവമായിട്ടെടുക്കാം ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമി